അറിവില്ലായ്മയാൽ വിഡ്ഢിത്തം ചെയ്ത് സ്വന്തം മക്കളെ കൊന്നവരും അല്ലാഹു സുബഹാനഹൂവച്ചായാലാ അവർക്കു നൽകിയ ഉപജീവന മാർഗ്ഗങ്ങളെ അള്ളാഹുവിനെതിരെ കെട്ടിച്ചമച്ചുകൊണ്ട് നിഷിദ്ധമാക്കിയവരും തീർച്ചയായും നഷ്ടത്തിലാകുകയും ചെയ്തു അവർ വഴിപിഴച്ചുപോയി അവർ സന്മാർഗത്തിലുമായിരുന്നില്ല